എന്നിട്ടും നിങ്ങൾ പരസ്പരം കൊലപ്പെടുത്തുകയും നിങ്ങളിൽ ഒരു വിഭാഗത്തെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു പാപത്തിലൂടെയും അതിക്രമത്തിലൂടെയും നിങ്ങൾ അവർക്കെതിരെ ഒത്തൊരുമിക്കുന്നു എന്നാൽ അവർ തടവുകാരായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അവരെ മോചിപ്പിക്കുന്നു അവരെ പുറത്താക്കുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമായിരിക്കേ അതിനാൽ നിങ്ങൾ വേദഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം വിശ്വസിക്കുകയും മറ്റൊരു ഭാഗം നിഷേധിക്കുകയും ചെയ്യുന്നുവോ നിങ്ങളിൽ ഇപ്രകാരം ചെയ്യുന്നവർക്ക് ഇഹലോകത്ത് അപമാനമൊഴികെ മറ്റെന്തു പ്രതിഫലമാണുള്ളത് പുനരുത്ഥാന നാളിൽ അവർ കഠിനമായ ശിക്ഷയിലേക്ക് തിരിച്ചയക്കപ്പെടും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുസുബാനഹുവ ചാല ഒട്ടുമശ്രദ്ധനല്ല